പറയുക അള്ളാഹു സുബഹാനഹുവറ്റാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഓദിക്കേൾപ്പിക്കുമായിരുന്നില്ല നിങ്ങൾ ഇതിനെക്കുറിച്ചറിയുമായിരുന്നില്ല അതിനു മുൻപ് ഒരായുസു മുഴുവൻ ഞാൻ നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞിരുന്നു എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ